അവർ അവിടെ നിലവിളിക്കും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്തുവിടുവിൻ ഞങ്ങൾ മുൻപ് ചെയ്തതല്ലാത്ത സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യാം അള്ളാഹു പറയും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓർമ്മിക്കാൻ ആവശ്യമായ ആയുസ് നിങ്ങൾക്ക് നൽകിയിരുന്നില്ലേ മുന്നറിയിപ്പുകാരൻ നിങ്ങളുടെ അടുക്കൽ വരികയും ചെയ്തില്ലേ അതിനാൽ നിങ്ങൾ ശിക്ഷ രുചിക്കൂ അക്രമികൾക്ക് യാതൊരു സഹായവുമില്ല